സുരക്ഷിതവും ശാന്തവുമായ ഒരു ഗ്രാമത്തെ അള്ളാഹുസുബഹാനഹൂവത്ത ആല ഉദാഹരണമായി വിവരിച്ചു എല്ലാ ഭാഗത്തു നിന്നും അവിടെ സമൃദ്ധമായി ഉപജീവന മാർഗ്ഗങ്ങളെത്തിയിരുന്നു എന്നാൽ അവർ അള്ളാഹുസുബഹാനുഹൂവത്ത ആലായുടെ അനുഗ്രഹങ്ങളെ നിഷേധിച്ചു അതിനാൽ അവർ ചെയ്ത പ്രവർത്തികൾ കാരണം വിശപ്പിൻറെയും ഭയത്തിന്റെയും വസ്ത്രം അള്ളാഹുസുബഹാനഹൂവത്ത ആല അവർക്ക് രുചിപ്പിച്ചു